തിരുവണ്ണാമലെ കാർത്തിക ദീപം വളരെ വിശിഷ്ട വിശേഷ മലയുടെ മുകളിലെ അഗ്നി കൊളുത്തിയിട്ട് പ്രദക്ഷിണം ചെയ്യും ഇപ്പോഴൊക്കെ ധാരാളം ആളുകൾ വരുന്നു ഭയങ്കര തിരക്കായി എല്ലാ അമ്പലങ്ങളിലും തിരക്കാണല്ലോ അപ്പോ അതുപോലെ അവിടെ ഭയങ്കര തിരക്കാണ് അപ്പോൾ മുമ്പൊക്കെ ആ ചുറ്റും കുറേ ഗ്രാമങ്ങളുണ്ട് ഗ്രാമീണരായിട്ടുള്ള പാവങ്ങള് സാധുക്കള് അവരന്നു പണിയെടുക്കാൻ പോയിട്ടില്ലെങ്കിൽ അവർക്കൊന്ന് അവർ മാത്രമേ വരുവുള്ളൂ അവർ വന്ന് ഈ ഓരോ കുളത്തിലും മുങ്ങി ചുറ്റും അനേക തീർത്ഥങ്ങളുണ്ട് കുറേ കുളങ്ങളുണ്ട് ആ തീർത്ഥകുളങ്ങളിലൊക്കെ മുങ്ങും എന്നിട്ട് ഈറനോടെ നടക്കും അന്നത്തെ ദിവസം ആ ഗ്രാമങ്ങളൊക്കെ ഒഴിഞ്ഞു കിടക്കും അറുപതോ അറുപത്തിനാല് ഗ്രാമങ്ങളോ മറ്റോ അതൊക്കെ ഒഴിഞ്ഞു കിടക്കും അവരൊക്കെ വന്ന് പ്രദക്ഷിണം ചെയ്ത് അണ്ണാമലയ്ക്ക് ഹരഹറോ ഹരന്ന് വന്ന് ചുറ്റിയിട്ട് പോകും അങ്ങനെ വരുമ്പോ അവര് രമണാശ്രമത്തിൽ വരും മഹർഷി വന്ന് വളരെയധികം സന്തോഷമായിട്ട് ആ കട്ടില് തയ്യാറായിട്ട് രാവിലെ മുതൽ ഇരിക്കണ്ടാവും ഇവര് വരുമ്പോ ഇവരുടെ പഴയ പഴയ കാര്യങ്ങളൊക്കെ വിചാരിച്ചു നോക്കി വർത്തമാനമൊക്കെ ഇവരൊക്കെ സ്വാമി സ്വാമി സ്വാമി എന്ന് ഇവരൊക്കെ മഹർഷി മലയിലൊക്കെ നടക്കുന്ന കാലത്തൊക്കെ ഇവരൊക്കെ വളരെ ഫ്രീ ആയിട്ട് വന്ന് പല വർത്തമാനം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഉദാഹരണ ഒരു കഥ പറഞ്ഞാൽ പിച്ചാണ്ടി എന്ന് പറഞ്ഞിട്ട ഒരു അവിടുത്തെ ഒരു ഈ പുല്ലിച്ചെത്തുന്ന ഒരാള് അയാള് മലയിൽ നിന്നും മുഞ്ചപ്പല്ലു പുല്ല് കൊണ്ടുപോകുന്ന പണിക്കാരനാണ് ആട് മിക്ക അതൊക്കെയാണ് പണി അയാള് ഒരു ദിവസം വിരൂപാക്ഷ ഗുഹയിൽ രമണ മഹർഷി ഇരിക്കുമ്പോ ഭഗവാനെ കണ്ട് കരയാൻ തുടങ്ങി അപ്പോ സെപ്റ്റംബർ ഒക്ടോബർ മാസമാണ് നല്ല തണുപ്പ് മഹർഷി ചോദിച്ചു ഏം പിച്ചാണ്ടി ഏ അഴറെ ശാമി കുളിരാതാ ശാമി ശാമിക്ക് ഇങ്ങനെ കുളിരില്ലേ ഇങ്ങനെ ഇരിക്കണല്ലോ ഈ തണുപ്പും കൊണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ എന്തു ചെയ്തിരിക്കുന്നു പാവം വളരെ വിഷമിച്ച് അവൻ പണി ചെയ്ത് കിട്ടുന്നതിന് വളരെ കുറച്ചാണ് അതൊക്കെ ശേഖരിച്ച് ശേഖരിച്ച് പത്ത് മുപ്പത് കിലോമീറ്റർ ദൂരം ഉണ്ട് ചങ്കത്തിലേക്ക് പോയിട്ട് അവിടെ നിന്നൊരു കമ്പിളി വാങ്ങിച്ചോണ്ട് വന്ന് ആ കമ്പിളി കൊണ്ടുവന്ന് സ്വാമി ഈ കമ്പിളി പുതയ്ക്കണം ഒരേ വാശി അപ്പൊ മഹർഷി പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് തണുപ്പൊന്നും കുഴപ്പമില്ല നിനക്കാണ് കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തണുക്കും നീ പൊതച്ചോ എനിക്ക് വേണ്ടെന്നു അല്ലെ സ്വാമി നീ പോത്തണോ നീ പോത്തിക്കണോന്ന് പറ അപ്പോ ഇയാൾ ഒരേ വാശി പിടിച്ചപ്പോ അയാള് മേലെ പുതച്ചിരിക്കുന്ന കമ്പിളി മുഴുവൻ കിഴിഞ്ഞ് ദ്വാരമായി അതിലത്തെ ഇതൊക്കെ പോയി കിടക്കണം എന്നിട്ടാണ് ഈ പുതിയതൊന്ന് വാങ്ങിച്ചോണ്ട് വന്നിരിക്കണത് അപ്പൊ മഹർഷി പറഞ്ഞു എനിക്ക് തണുപ്പ് വരാൻ പാടില്ലേ അതല്ലേ നിനക്ക് ആഗ്രഹം അതെ എന്നാ ഒരു കാര്യം ചെയ്യു ഞാൻ ഇത് എടുത്ത് പുതയ്ക്കണമെങ്കിൽ എനിക്കൊരു ആശയുണ്ട് അത് സമ്മതിക്കെങ്കിൽ ചെയ്യാമെന്ന് എന്താ നീ പൊതച്ചിരിക്കണത് എനിക്ക് തരിക ഞാൻ എടുത്തോളാം ഇത് നീ കൊണ്ടുപോകണം അതിലും അവനെങ്ങനെയെങ്കിലും ഒക്കെ സ്വാമിക്ക് തണുക്കാതിരുന്നാൽ മതി എന്നാണ് അയാള് പുതച്ചിരിക്കണത് കൊടുത്തു എന്നിട്ട് ഈ കമ്പിളിയും കൊണ്ട് പോയി അത്രയും ശുദ്ധപ്രിയം അയാൾ പോയി കഴിഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു പിന്നീട് ആ പുതിയ കമ്പിളിയെ പുതക്കായിരുന്നു കാരണം ഈ പഴയ കമ്പിളി മേലെ മുഴുവൻ കുത്തണു പഴയത് ഇത്ര പഴകിയിട്ട് തന്നെ അതിങ്ങനെ കുത്തണു എങ്കിൽ എത്ര കണ്ട മേലെ കുത്തണുണ്ടാവും പാവം അതുകൊണ്ട് ആ പുതിയത് തന്നെ പുതക്കായിരുന്നു അങ്ങനെയൊക്കെ ഇവര് വളരെയധികം ബന്ധപ്പെട്ടിരുന്നവരാണ് അപ്പോ ഇവരൊക്കെ വരും ഈ കാർത്തിക ദീപാവുമ്പോ ഒക്കെ കൂഴൊക്കെ കൊണ്ടുവരും പലരും വരും വർത്തമാനം പറയും അവരുടെ കുടുംബ കാര്യങ്ങളൊക്കെ ചോദിക്കും ചിലപ്പോ ഇങ്ങനെ ആശ്രമത്തിൽ വരുമ്പോ എന്താന്ന് വെച്ചാൽ അവിടെ മുഴുവൻ ചളിയാക്കും ഒക്കെ ഈ കുളത്തില് വെള്ളം മുങ്ങി മുങ്ങിയിട്ട് വന്നൊക്കെ ചളിയാക്കി നാറുകൊക്കെ ചെയ്യും നിർത്തിയില്ല റും എന്താന്ന് വെച്ചാൽ പലരും ചിലപ്പോൾ അന്നായിരിക്കും കുളിക്കണതേ കഴിഞ്ഞ കാർത്തികെ കുളിച്ചിട്ട് അന്നായിരിക്കും കുളിക്കണത് അപ്പൊ നാറും അപ്പൊ അതൊക്കെ കണ്ടിട്ട് ആശ്രമത്തിലുള്ളവരൊക്കെ കൂടെ പറഞ്ഞു ഇതിപ്പോ ഭഗവാൻ്റെ അടുത്ത് പറയാനും അവർക്ക് ധൈര്യം ഇല്ല ഇവരൊക്കെ വരണു ഇവരുടെ അടുത്തൊക്കെ ഒന്ന് മാറിയിരിക്കണം നീങ്ങിയിരിക്കണം എന്ന് പറയാന്ന് വൃത്തിയില്ല ഇവര് വരാതെ എന്ന് പറയാന്ന് വൃത്തിയില്ല ഇവർക്ക് ധൈര്യം ഇല്ല അപ്പൊ ഇവരെന്ത് ചെയ്തു കൃഷ്ണസ്വാമി എന്ന് പറഞ്ഞിട്ടൊരു ജോലിക്കാരൻ ഉണ്ടായിരുന്നു ർഷം മുമ്പാണ് മരിച്ചത് ആ കൃഷ്ണസ്വാമിയുടെ അടുത്ത് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ ഭഗവാൻ അവിടെ ഇല്ലാത്ത സമയം നോക്കിട്ട് ആ മുമ്പിൽ റെയിലിങ്സ് ഇട്ടിട്ടുണ്ട് ഈ ആളുകൾ നടന്നു പോണേനു അതിൻ്റെ അടുത്താണ് സോഫ അപ്പൊ ഇത് ഈ റെയിലിങ്സിന് മുമ്പ് ആളുകൾ പോവും അപ്പോ മേലെയൊക്കെ വെള്ളം തെറിക്കും തൊടും ഒക്കെ ചെയ്യുവരും അപ്പോ ഭഗവാൻ നടക്കാൻ പോയ സമയം ആ റേലിങ്സ് എടുത്തിട്ട് ആ വേലി എടുത്തിട്ട് കുറച്ച് അങ്ങട്ട് തള്ളി ഇടാം അതേപോലെ അയാളെ ആ വേലി എടുത്ത് തള്ളി അങ്ങോട്ട് ഇട്ടു കൊറേ കഴിഞ്ഞപ്പോ മഹർഷി വന്നു ചെയ്യുമ്പോണ്ടേ ഇരിക്കുമ്പോ തന്നെ വന്നു കൃഷ്ണസ്വാമി നീ എന്നെ പണ്ട്രേ കൃഷ്ണസ്വാമി പറഞ്ഞു ഇതുപോലെ ഓഫീസിലുള്ളവര് പറഞ്ഞു ഇതുപോലെ ആ വേലി അങ്ങോട്ട് തള്ളിയിടാൻ പറഞ്ഞു നാളെ ഈ വരും ഭയങ്കര തിരക്ക് വരുമല്ലോ എല്ലാരും ഇങ്ങനെ ഇവിടെ ഒക്കെ ചളിയാക്കും മേലെയൊക്കെ ചളിയാക്കും വെള്ളം വീഴും ഓഫീസിൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും ഭഗവാൻ പറയില്ല എന്താന്ന് വെച്ചാൽ ആശ്രമം തന്റെയാണെന്നോ തനിക്ക് ഇവിടെ എന്തെങ്കിലും അധികാരം ഒരിക്കലും കാണിച്ചിട്ടില്ല എങ്കിലും തിരുത്തും വേണം അപ്പോ ആ വാശോനെ അത് ഇല്ലയോ ഇനി ഞാൻ ചൊറതെ കുഞ്ഞെ കേളും ആ വേലി അവിടെ ഇട്ടു അത് മാറ്റാൻ പറഞ്ഞില്ല ഇപ്പൊ പറഞ്ഞെന്താന്ന് വെച്ചാ ഈ സോഫ എടുത്ത് അവിടെ ഇടും ഈ കട്ടിലെടുത്തിട്ട് ആ വേലിയിൽ എടുത്തിടാൻ പറഞ്ഞു ഇയാള് പറഞ്ഞു എന്നാ ഭഗവാൻ സ്വാമിക്ക് നല്ലതിന് വേണ്ടിയല്ലേ അവർ പറഞ്ഞത് എല്ലാവരും വന്ന് തൊടുകയും വെള്ളം ഒഴുകയും ചെയ്യും ഈ ഗ്രാമത്തിലുള്ള ആളുകള് അവർക്ക് എന്തറിയും അപ്പോ വളരെ വികാരഭരിതനായിട്ട് മഹർഷി പറഞ്ഞു അത്ര ഓ നീ എന്തു വിചാരിക്കണു ഇവരൊക്കെ ഈ ഗ്രാമത്തിൽ അറിവില്ലാത്തവര് ദരിദ്രങ്ങള് ഒക്കെ ചളി പിടിച്ച് ഇവിടെ വരുന്നു അയാൾ ഒരു വാക്കും പറഞ്ഞു നാളെ രാവിലെ മുതൽക്ക് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞാലും കേൾക്കില്ല രാവിലെ മുതൽ അവർക്ക് ദർശനം കൊടുത്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു ഓ നീ അങ്ങനെയാണ് വിചാരിക്കണത് ഇല്ലേ നീ स्वामी स्वामी दरिद्री दर्शन दर्शन सावरूप नमक क्षात् अवरूप അവരുടെ ദർശനം നമുക്ക് കിടക്കണം എന്നാണ് വെച്ചാൽ നാരായണഗുരുസ്വാമി ഈ ആ ആലുവായിലെ അദ്വൈതാശ്രമത്തിൽ ഇരുന്ന് ഈ ശിവരാത്രിക്ക് തിരക്ക് വരുമ്പോൾ അങ്ങനെ നോക്കിയിരിക്കത്രെ ആ നോക്കിയിരിക്കണത് അദ്ദേഹത്തിനൊരു രസാണെന്നാണ് ഈ ജനങ്ങൾ ഇങ്ങനെ വരണതും പ്രവഹിക്കണതും അത് നമ്മൾക്കൊരു സാധാരണ തിരക്ക് കാണാനുള്ള ഒരു ഉത്സാഹം പോലെയാണെന്ന് തോന്നിയേക്കാം പക്ഷെ ആ ആനന്ദം ഇത്രയും ജനങ്ങളെ കാണുമ്പോൾ ആ ജനങ്ങളുടെ ഉള്ളിലുള്ള ഭക്തിയും ശ്രദ്ധയും ഒക്കെ കൂടെ കാണുമ്പോൾ ആനന്ദം വരണത് ഈ പുറമേക്കുള്ള ദൃഷ്ടി കൊണ്ടല്ല ആ തിരുവുരുവാണ് തിരഞ്ഞു തേറിടേണം എന്ന് പറഞ്ഞല്ലോ ഈ തേറുക എന്ന് പറയുന്നത് തേർന്തിരുക്കൽ എന്നുള്ളത് എനിക്ക് ഇതൊരു പുതിയ പുസ്തകം വരണ പോലെ തോന്നണില്ല അത് എന്താന്ന് വെച്ചാൽ വാക്കുകൾ പോലെ ഒരേ വാക്കുകളാണ് ഉള്ളത് നാൽപ്പതിൽ ഇതേ വാക്ക് സിദ്ധമായുള്ള പൊരുളെ തേർന്തിരുത്തൽ സിദ്ധി പിറസിദ്ധിയെല്ലാം സ്വപ്നമാസിദ്ധികളേ സിദ്ധമായിട്ടുള്ള വസ്തുവിനെ തേർന്തിരുത്തൽ തേർന്ന് തിരഞ്ഞ് തിരഞ്ഞ് തേറിടേണം സകല വസ്തുക്കളിലും प्रकाशिका सर्वूतेशु यश्येत भगवद आत्म भूतानी भगवती आत्मनिषव सर्व भूतेषु तिठ्त परमेशर विनश्यसु अवनश्य पश्यति सश्यति ये भूता आत्म अभूत विजानता त्र को मोह कमुपश्य ये तो सर्वाणी भूता आत्मनिवानु पश्यती सर्वभूत आत्मा विचुगुप्स श्रुति स्मृति महापुरशन् वचनों स्कूल को वरण दर्शनमेलोले अनुभ तो ആ അനുഭവത്തിൻ്റെ മൂലം അതിൻ്റെ സത്തയാണ് നമ്മളുടെ ഹൃദയത്തിൽ അഹമഹമഹമെന്ന് അനുഭവപ്പെടുന്നത് ഈ അഹത്തിനെ അറിഞ്ഞാൽ സകലതും ആ സത്ത അറിയാം അതും ഇതുമല്ല നമ്മളെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് അതും ഇതും ആണ് ടോക്സിലൊരിടത്ത് മഹർഷിയുടെ അടുത്ത് ഒരാൾ ചോദിക്കുന്നുണ്ട് ടു ബി പാട്രിയോട്ടിക് ഈസ് നോട്ട് ഈസ് ഇറ്റ് നോട്ട് അവർ duty to be patriotic n chodikana appa bhagavan paraynu talksle to be this or that is not your duty to be what you are is the purpose of life to be this or that adum idumalla nammal eppozhum adum idum aavana nammala abhimana vruthi ki swabhavam thanne adum idum aaykonde irikkalana endengilokao ee adum idum aavada lokathil vyavaharikkaney pattilla ജാതി വർണ്ണവും ആശ്രമം മാത്രമല്ല ഇന്നത്തെ കാലത്താണ് നമ്മൾ ഡോക്ടറാണ് എൻജിനീയറാണ് സാമൂഹിക നേതാവാണ് അല്ലെങ്കിൽ ഞാൻ പുരുഷനാണ് സ്ത്രീയാണ് അല്ലെങ്കിൽ നമ്മളുടെ എന്ത് അച്ഛനാണ് അമ്മയാണ് ഒക്കെ തന്നെ ഇതൊക്കെ തന്നെ അതും ഇതും ആവലാണ് അങ്ങനെ അതും ഇതും ആവാതെ വ്യവഹരിക്കാൻ പറ്റുമോ സ്വാമി ലോകത്തിലെന്ന് ചോദിച്ചാൽ ലോകവ്യവഹാരം നടക്കും അതിലൊക്കെ അതും ഇതുമൊക്കെ ആയിട്ട് ഇരുന്നോട്ടെ മറ്റുള്ളവര് നമ്മളുടെ പേരിൽ സീലി വെക്കുമ്പോൾ അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഇരുന്നോട്ടെ അതിനോട് നമ്മൾ ശണ്ട കൂടാനൊന്നും പോണ്ടാവ പക്ഷെ നമ്മളുടെ സത്തയിൽ അനുഭവമണ്ഡലത്തിൽ പ്രതിക്ഷണം പ്രതിബോധം നമ്മൾ സത്തയെ തിരഞ്ഞു തേർന്നിടയണം ആ തിരഞ്ഞു തേർന്ന് അതു അതുമാത്രമായിടേണം പറഞ്ഞു ഏതൊരു സത്തയുണ്ടോ അതിൽ അറിവ് അവബോധം അതുമാത്രമായി ഇരുന്ന് പഴകുക ആ സത്തയിൽ ഇരുന്നാൽ മാത്രമേ നമ്മൾ അതും ഇതും ആവാതിരിക്കുള്ളൂ അതും ഇതിനെ നിഷേധിക്കാൻ പോകാൻ നിഷേധിക്കാൻ പോയാൽ നമ്മൾ പിന്നെയും അതിൽ പെടും അതിനെ നിഷേധിച്ചാലും അതിനെ സ്വീകരിച്ചാലും ഒരേപോലെ പെടും എന്താന്ന് വെച്ചാൽ മനസ്സുപയോഗിക്കണം നിഷേധിക്കലല്ല ഇതിനൊക്കെ പ്രകാശം കൊടുത്തുകൊണ്ട് ഇതിനു പുറകിൽ ഇതൊന്നും കൊണ്ടും ബാധിക്കപ്പെടാതെ ഏതൊരു പൂർണ്ണതയുണ്ടോ അതാണ് എൻ്റെ സ്വരൂപം എന്നറിഞ്ഞ് അതുമിത്തുമല്ല അസതർത്ഥമല്ല അത് ശൂന്യമല്ല സച്ചിതമൃതമെന്നു തെളിഞ്ഞ ധീരനായി അതുമിതുമല്ല അസദർത്ഥമല്ല അഹം സച്ചിതമൃതം ഈ അഹമെന്നുള്ളത് ഉള്ളതാണ് ചിത്രം എന്ന് വെച്ചാൽ ജ്ഞാനം ശാന്തി ആനന്ദം ഒക്കെ ഉള്ളതാണ് അമൃതം എന്നു വച്ചാൽ മരണത്തിൻ്റെ അനുഭവം പ്രതീതി ഒരിക്കലും അതിനെ സ്പർശിക്കുകയല്ല മരണത്തിന്റെ പ്രതീതിക്കും ഈ അഹം എന്ന അനുഭവത്തിനും കൂടി ചേർന്ന് പോകാനേ പറ്റില്ല മരണത്തിൻ്റെ പ്രതീതിയൊക്കെ മനസ്സിലും ഇന്ദ്രിയങ്ങളിലും ബുദ്ധിയിലും ഒക്കെയാണ് ഈ അഹം ബോധത്തിനെ സ്പർശിക്കില്ല അതുകൊണ്ടാണ് നമ്മള് മരണത്തിനെ കുറിച്ചൊക്കെ കേട്ടാൽ പോലും കുറച്ചുനേരം കഴിഞ്ഞാൽ മറന്നുപോകണത് എത്ര മരണം കേട്ടാലും ആരൊക്കെ പറഞ്ഞാലും പൊക്കം വായിച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഈ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജയിലിൽ കിടന്നവരുടെ കാര്യം പറഞ്ഞല്ലോ അവർ പോലും മറന്നുപോയി നിങ്ങളെ കൊല്ലാമ്പൂണെന്നൊക്കെ പറഞ്ഞു കുറച്ചുനേരമൊക്കെ അവർ പേടിക്കും അത് കഴിഞ്ഞാൽ അവർ ചീട്ട് കളിക്കുക ഒക്കെ ചെയ്തിരുന്നു എന്താണെന്ന് വെച്ചാൽ വലിയ ആശ്ചര്യമാണത് മറന്നുപോകണു ഇങ്ങനെ മറക്കാൻ പറ്റും മരണം ഉണ്ടെങ്കിൽ മരണത്തിന് മരണം എന്ന് പറയണത് ബുദ്ധിയിൽ വരുന്നൊരു ചിന്തയാണ് അത് കഴിഞ്ഞാൽ അത് പോകും പിന്നെന്തുണ്ട് സച്ഛിത അമൃതം ഇതൊരു കോൺസെപ്റ്റായിട്ട് സ്വീകരിച്ച പ്രയോജനം നമ്മൾക്ക് മരണമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ചിലരൊക്കെ പറയും അങ്ങനെ അറിഞ്ഞിട്ടും എന്താ ഈ ആസ്പത്രിയിൽ പോയിട്ട് നമുക്ക് സൂക്കേടൊക്കെ പറയുമ്പോൾ പേടി തോന്നണമല്ലോ എന്ന് അത് ഈ മരണമില്ല എന്നുള്ളത് എങ്ങനെയൊരാശയമോ അതുപോലെയാണ് ഈ പേടിയൊരാശയം പേടി ഒരാശയം വരണം മരണമില്ലാ ഒരാശയം വരണം അത് കാര്യമില്ല മനസ്സുകൊണ്ടല്ല ഈ അഭയം വരണത് സത്തയെ പ്രത്യഭ കൊണ്ട് അറിയുമ്പോഴാണ് അഭയം അവിടെ ഉണ്ട് അത് മനസ്സുകൊണ്ടല്ല മനസ്സിന് ഉപയോഗിച്ച പേടിക്കാൻ നിർത്തിയില്ല മനോമണ്ഡലത്തിലല്ല സച്ചിതമൃതമെന്നു തെളിഞ്ഞ് എന്നാണ് അത് അറിഞ്ഞെന്നല്ല ചിന്തിച്ചെന്നല്ല തെളിഞ്ഞ് എന്ന് വച്ചാ ഉള്ളതിനെ തെളിഞ്ഞു കാണുകയാണ് തെളിഞ്ഞ് ധീരനായി ധീരത എന്തിനാ വ്യവഹാരത്തിന് ഇവിടാണ് നമുക്ക് വ്യവഹാരം ഹാബിറ്റ് ആണ് അതുകൊണ്ട് ആ സത്തയിൽ സാമാന്യസത്തയില് സ്വരൂപത്തിൽ ഇരിക്കാൻ നമുക്ക് ധൈര്യം വരില്ല നമ്മളുടെ ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയോ തോന്നും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആളെ എഴുന്നേപ്പിച്ചാൽ ചിലപ്പോൾ ഇഷ്ടാവില്ല കാരണം സ്വപ്നത്തിൽ അയാള് മാർത്താണ് വർമ്മയാണെന്ന് സ്വപ്നം കാണുകയാണ് എഴുന്നേറ്റാ സാമ്രാജ്യം പോവും സാമ്രാജ്യമാണ് നഷ്ടമാവണത് അതുപോലെ നമുക്കിവിടെ പലതും ഉണ്ട് അയ്യോ ഇതൊക്കെ പോയി പോവും ഇതൊക്കെ ആവാതിരിക്കാൻ എന്താ ഈ ഭ്രാന്ത് പിടിച്ച ആളുകൾക്ക് ചിലപ്പോ അവർക്ക് ആ ഭ്രാന്ത് സമയത്ത് ചിലതും തോന്നും അല്ലെ അത് വിടാൻ അയാൾക്ക് ഇഷ്ടല്ല അയാൾക്ക് അത് ഇഷ്ടല്ലേ ആ ഭ്രാന്ത പിടിച്ച് നിക്കണതിലാണ് അവർക്ക് സുഖം അതുപോലെ നമ്മൾക്ക് എന്തോ ആണ് ചിന്തിക്കുന്നത് ഒരു അഡിക്ഷൻ ആയിരിക്കുമ്പോ അതും ഇതുമായിട്ട് നിക്കണത് നമുക്കൊരു സുഖമായിട്ടിരിക്കുമ്പോ അത് വിടാൻ പറഞ്ഞാൽ നമ്മൾ തയ്യാറാവില്ല ഈ അതും ഇതും ഒക്കെ വിഷമാണെന്നും വികല്പാണെന്നും ദുഃഖാണെന്നും അറിഞ്ഞു കഴിഞ്ഞാലാണ് അത് വിട്ട് സച്ചിതമൃതമെന്നു തെളിഞ്ഞ ധീരനായി സദസതി പ്രതിപത്തി ഉണ്ട് ഇല്ല ഉള്ളത് ഇല്ലാത്തത് ശരി തെറ്റ് അവ്യക്തം വ്യക്തം നാമരൂപം സച്ചിദാനന്ദം ഈ ഭേദം ഒക്കെ പോയി സത്വമിതി ഓം പ്രണവത്തിന്റെ അർത്ഥം എന്താ പ്രണവത്തിന്റെ പൊരുൾ എന്താ പ്രണവത്തിന്റെ പൊരുൾ അകാരപുക്കാരെ उकारो मकार अहंकार अहंकारो अहम पंचीक श्लोक अकार उकार उो मकार मकार अहंकार अहंकारो अहमी सत् तवरूप प्रणवजपुर साधन आवेदन मनसूप अंगने, सदसदी सत ओम, अनेदस मृद मृद मनुपयोगिका बुद्धि उपयोगिकाद शरिमुपयोग उपाधन प्रकृति विसर्जितिटी വളരെ ലാഘവത്തോടെ അഭിമാന ചലനത്തിനെ ആശ്രയിക്കാതെ ചുമ്മാ ഇരിക്കലാണ് ഈ ചുമ്മാ ഇരു എന്നുള്ളത് തമിഴ് വേദാന്തത്തില് ശൈവസിദ്ധാന്തത്തിലൊക്കെ ഒരുപാട് വാക്കാണ് ചുമ്മാ ഇരു തിരുവനന്തപുരത്തിൽ ഒരാള് ഈ ഏകദേശം ഇരുന്നൂറ്റമ്പതോളം പാട്ടുകളെ ശേഖരിച്ച് തിരുമൂലർ മുതൽ മുരുകനാർ സ്വാമി വരെ പാടിയവരുടെ പാട്ടുകളൊക്കെ ശേഖരിച്ച് ചുമ്മാരുക്കും സൂത്രം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പാട്ടുകൾ മാത്രം അർത്ഥവും അതിലെല്ലാ പാട്ടുകളിലും പലരും പാടിയതാണ് അതിലൊക്കെ ഈ ചുമ്മായിരുന്ന് വരും അരുണഗിരിനാഥർ പറയുന്നത് യാ ചുമ്മായിര് അമ്മാരുളൊണ്ട്രു മറിനെ ആ ചുമ്മാര് അത് അതിനേക്കാളും മൃദുവായി ഒന്നും ഉണ്ടാവാൻ പറ്റില്ല ആ മാർദ്ദവം പോണത് അഹങ്കാരം കൊണ്ടാണ് അഭിമാനവൃത്തി ചലിക്കുമ്പോൾ ആ അഭിമാന ചലനമില്ലാതെ സഹജമായിട്ട് നാടീ നരമ്പുകളൊന്നും എഴുത്തുവലിച്ച് പിടിക്കുന്നില്ല അതൊക്കെ എഴുത്തുവലിച്ച് പിടിക്കുന്നത് എപ്പോഴാ അഭിമാനവൃത്തി ഉള്ളപ്പോഴാണ് ഈ അഭിമാന ഇല്ലെങ്കിൽ നമ്മളുടെ ആ സ്ഥിതി ഇപ്പം നമ്മൾ ധ്യാനം എന്നൊക്കെ പലപ്പോഴും പറയണ യോഗസ്ഥിതി ഉണ്ടല്ലോ അത് കുറച്ച് നേരത്തിന് ഇരിക്കാൻ പറ്റില്ല ഈ ഭജനയ്ക്കൊന്ന് നിർത്തനാടും കുറച്ചുനേരം ഇരിക്കാം അത് കഴിഞ്ഞ് തളർന്നു പോവും അതേപോലെ ഈ യോഗസ്ഥിതി മനസ്സുകൊണ്ടുള്ള യോഗസ്ഥിതി കുറച്ച് കഴിഞ്ഞാൽ അവരെ ക്ഷീണിക്കും ബുദ്ധി ചൂടാവും നാടിനരമ്പുകളൊക്കെ ബലപ്പെടും അതുകൊണ്ട് തന്നെ നിരന്തരം അതിലിരിക്കാൻ പറ്റില്ല പക്ഷേ ഈ ചുമ്മാ ഇരുക്കൽ എന്ന് പറയുന്നത് ക്ഷീണിക്കില്ല തളറില്ല കാരണം അതിന് ഉപാധി സംബന്ധമില്ല അത് നാടിയോ നരമ്പിനെയോ മനസ്സിനെയോ ബുദ്ധിയെയോ ഒന്നും സ്പർശിക്കണില്ല അതിന് ദേശകാലങ്ങളോ പ്രകൃതി ബന്ധമോ ഇല്ല അത് അതുകൊണ്ട് തന്നെ അതീവ മൃദുവാണ് എന്നുവെച്ചാൽ അത് അസ്പർശയോഗം അസ്പർശയോഗോവൈ നാമ സർവസത്വസുഖാവ എല്ലാവർക്കും സുഖം കൊടുക്കണം അത് മൃദുവായി മൃദുവായി എന്തു എന്തോ എന്തോ ഒരു മനോഹരത്തോട് മനോഹരമായി ആ ഋഷിവചനം അമർന്നിടേണം സത്യത്തിൽ ഇരുന്നിടേണം അതുമാത്രമായി അമർന്നിടേണം ആ സത്യം തന്നെയായി സ്വരൂപത്തിൽ ഇളകാതെ നകിഞ്ചിതപി ചിന്തയേ എന്ന് പറഞ്ഞ ഭഗവാൻ പറഞ്ഞ പോലെ അങ്ങനെ ആയിരിക്കലാണ് ഈ ഉള്ളിലുള്ള ഈ ആഗത്തിന്റെ അവഭൃദം स्वात्म स्वात्तील आ च मनो निवृत्ति परमोपशांति साधवर्या मणिकर्णिकाचान प्रवाह विमलागंगा साहबोध रूप अदान तीर्थम आती तीर्थ പിന്നെ പുറമേക്കുള്ള തീർത്ഥങ്ങളൊന്നും വേണ്ട പുറമേക്കൊന്നും അറിഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല സംതൃപ്തനാവും ധന്യനാവും കൃതകൃത്യനാവും സന്തുഷ്ടനാവും ശാന്തനാവും ശാന്തിയെ നമ്മളുടെ സ്വരൂപമാവും അതറിഞ്ഞ ശേഷം പ്രാരബം കൊണ്ട് വ്യവഹരിക്കേണ്ടി വന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ആണ് പെണ്ണു വേഷം കെട്ടി നാടകത്തിൽ എത്ര നേരം കളിച്ചാലും എത്ര തന്നെ തന്മയത്തോടു കൂടെ കളിച്ചാലും ഉള്ളിൽ താൻ ആണാണെന്നുള്ളത് മറക്കേയില്ല അതുപോലെ എന്തൊക്കെ തന്നെ പ്രപഞ്ച വ്യവഹാരത്തിൽ വ്യവഹരിച്ചാലും എന്തൊക്കെ തന്നെ ചെയ്താലും അയാളുടെ ഉള്ളിൽ തൻ്റെ സ്വരൂപം എന്താണെന്നുള്ളതിൻ്റെ ബോധസ്മൃതി ഉണ്ടാവും ക്രിയാജന്യസ്മൃതിയല്ല ബുദ്ധിയിൽ ഉള്ള ജന്യസ്മൃതിയല്ല സംബന്ധജന്യസ്മൃതിയല്ല ബോധജന്യസ്മൃതി ഉണ്ടാവും അതുകൊണ്ട് തന്നെ അതൊരിക്കലും വിട്ടുപോകില്ല ക്രിയാജന്യസ്മൃതി ക്രിയ വിട്ടുപോയാൽ വിട്ടുപോകും ബുദ്ധിയിൽ വരണ സ്മൃതി ബുദ്ധിക്ക് എന്തെങ്കിലുമൊക്കെ കേടുവന്നാൽ മറന്നുപോകും പക്ഷെ ബോധജന്യസ്മൃതി ഒരിക്കലും വിട്ടുപോവില്ല അത് സദാ തന്നിൽ ഇരിക്കുന്ന ഉണ്ടാവും അതാണ് തണ്ടാരിൽ വീണ മധുവുണ്ടാരമിക്കും ഒരു വണ്ടാണ് സൂര്യ സുഹൃത്തി എന്ന് പറയത്താമരയിൽ തേൻ നുകർന്ന് ഹൃദയത്തില് മാത്രല്ല കണ്ണു തുറന്നു ലോകം കാണുമ്പോഴും അയാള് തേനാണ് നുകരുന്നത് ഭാഗവതത്തില് പ്രചേതസ്സുകൾക്ക് രുദ്രൻ ഉപ ഉപദേശിക്കുമ്പോൾ പറയണു ഈ തത്വമറിഞ്ഞ ആള് കണ്ണു തുറന്നിരുന്ന് തേൻ നുകരുമെന്നാണ് അസഗത് ഋഷീക ചഷകൈഹി മധുപിപാമ വീണ്ടും വീണ്ടും ഋഷീക ചഷകൈ ഇന്ദ്രിയങ്ങളാവുന്ന കൊണ്ട് പാത്രങ്ങൾ കൊണ്ട് ദൃശ്യം ശ്രാവ്യമൊക്കെ തന്നെ മധുവായിട്ട് എടുത്ത് കുടിക്കുന്നു ഈ മധുവിദ്യയാണ് ഉപനിഷത്തില് ദദ്യംഗ അധർവണൻ പറഞ്ഞു കൊടുത്തത് അശ്വിനി ദേവന്മാർക്ക് ഈ മധുവിദ്യ പറഞ്ഞു കൊടുത്തത് കൊണ്ട് ഇന്ദിരൻ പറഞ്ഞു ഇത് ഇനി പറഞ്ഞു കൊടുത്താൽ എൻ്റെ തല ഞാൻ വെട്ടിക്കളയുന്നതാണ് ഇന്ദിരൻ അപ്പൊ ദദ്യംഗ് അധർവണൻ പറഞ്ഞു ഇത് ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുത്തരും അപ്പോൾ അശ്വിനി ദേവന്മാർ വലിയ ഡോക്ടർമാരാണ് സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് മേലെ സ്പെഷ്യാലിറ്റിയാണ് അവർ അവർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങളുടെ തല ഞങ്ങൾ ആദ്യമേ എടുത്ത് മാറ്റിവെക്കാം എന്നിട്ടൊരു കുതിരത്തല വെച്ച് തരാം അതുകൊണ്ട് ഉപദേശിക്കൂ എന്നിട്ടാ ഇന്ദ്രൻ വന്ന് വെട്ടിയിട്ട് പോയിക്കോട്ടെ ഞങ്ങൾ പഴയ തല ഫിറ്റ് ചെയ്ത് തരാമെന്നു അതേപോലെ തന്നെ തലയെടുത്ത് മാറ്റി വെച്ച് കുതിരത്തല വെച്ചു കൊടുത്ത് സത്യോപദേശം തത്വോപദേശം ചെയ്തു ഇന്ദ്രൻ പറഞ്ഞ പോലെ തലവെട്ടി പഴയ തല ഫിറ്റ് ചെയ്തു യു ഹാവ് ടു ഹിയർ ദ ട്രൂത്ത് ഫ്രം ഹോർസ് മൗത്ത് ചൊല്ലുണ്ട് അത് ഇതെന്ന് വന്നതാ ദദ്യംഗതർവണൻ ഉപദേശിച്ചതാണ് അശ്വിനിദേവന്മാർക്ക് ആ മധുവിദ്യം മധുവാതാ ഋതായ മധുക്ഷരന്ത് സിന്ധവ മാധ്വീർണസന്തോഷ മധുനത്തമുഷസി മധു മത് പാർത്ഥി വരജ മധുമാന്നോ വനസ്പതി അസ്തു സൂര്യ മാധ്വീർഗാവോ ഭവന്തുന ശ്രുതി ഇതിനൊക്കെ മധു എന്ന് പറയാണ് േൻ തേൻ പോലെ മധുരിക്കുന്നതാണ് മധുവാതാ ഋതാ ഋതുക്കളൊക്കെ മധുവാണ് കാറ്റ് മധുവാണ് മധുക്ഷരന്തി സിന്ധവഹ നദികളും സമുദ്രവും ഒക്കെ മധുവാണ് രാവ് മധുവാണ് പകല് മധുരാണ് സൂര്യോദയം പ്രഭാതം മധുവാണ് നമ്മള് ഇപ്പോ കാണുന്ന മധു ചിലർക്ക് ഇങ്ങനെയൊക്കെ മധുവാണല്ലോ രാമകൃഷ്ണദേവനെ കണ്ടപ്പോ അങ്ങനെ ഒരാള് ചോദിച്ചു കാളിപാദഘോഷം എന്താന്ന് വെച്ചാൽ രാമകൃഷ്ണദേവൻ അങ്ങനെ ആടിയാടി വരുന്നത് കണ്ടപ്പോ ഇയാള് പതുക്കെ ചെന്ന് എന്താന്ന് താന്ത്രികന്മാരൊക്കെ കുടിക്കണവരാണ് അപ്പൊ അങ്ങനെ വല്ലതും ആയിരിക്കും എന്ന് രാമകൃഷ്ണ പരവംസരെ അടുത്ത് ചോദിച്ചു ചരക്ക് നാടനോ വിദേശമോന്ന് ചോദിച്ചു അപ്പൊ രാമകൃഷ്ണദേവൻ പറഞ്ഞു നല്ല നാടനാണ് ഒരു പ്രാവശ്യം കുടിച്ചാൽ ജീവിതം മുഴുവൻ ലഹരി പിടിക്കും വേണോ എന്ന് ചോദിച്ചു ഒരു പ്രാവശ്യം കുടിച്ചാൽ ജീവിതം മുഴുവൻ ലഹരിയാണ് അങ്ങനെയുള്ള ആനന്ദ ലഹരിയാണ് ഈ അനുഭൂതി അതിലിരുന്നു കൊണ്ടാണ് ഗുരുദേവൻ നമ്മളെ ഇങ്ങനെയൊക്കെ അനുഗ്രഹിച്ചത് നമ്മൾക്കും ഗുരുദേവകൃതികളെ പഠിച്ച് മനനം ചെയ്ത് ഇവിടെതാം ഭാസ്കരൻ സാറ് പോലെയുള്ളവരൊക്കെ അറിഞ്ഞ് അതിനെ എഴുതിയിട്ടുണ്ട് പുസ്തകങ്ങൾ അദ്ദേഹം ജീവചരിത്രം എഴുതിയിട്ടുണ്ട് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് അറിഞ്ഞ് പഠിക്കാനുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ട് ഗുരുദേവ കൃതികൾ കേരളത്തിന് പറയാൻ അവകാശപ്പെടാനുള്ള അത്ര നമുക്ക് മലയാള ഭാഷയിൽ പക്ഷെ ആ ഒരു കുറവ് നാരായണ ഗുരുദേവന് എഴുതിയതോടുകൂടെ തീർന്നു അദ്വൈതദേവിക ആത്മോപദേശതകവും വേദാന്തത്തിലുള്ള ഒരു കൃതിക്കും ചുവട്ടിലല്ല അത് നമുക്ക് മലയാള ഭാഷയിൽ തന്നെ വളരെ പ്രൗഢമായി പ്രൗഢഗംഭീരമായി പ്രശാന്തമായി സ്വാനുഭവ രസത്തോടുകൂടെ ഇത്രയധികം കൃതികൾ അവിടെ നിന്ന് നമുക്ക് കിട്ടി അതിനു മുമ്പ് നമുക്ക് പറയാവുന്നത് അധ്യാത്മരാമായണവും ഹരിനാമ ഇത്തരം കുറച്ച് കൃതികൾ അറിയപ്പെട്ടിരുന്നുള്ളൂ അതൊക്കെ ശുദ്ധമായി വേദാന്ത മാത്രമായുള്ള കൃതികളെന്ന് പറയാൻ ഒന്നും നമുക്ക് പറയാനുണ്ടായിരുന്നില്ല ഇപ്പം ഇത്രയൊക്കെ കിട്ടിയത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല നഷ്ടപ്പെട്ടു പോകില്ല അത് എങ്കിലും ഇനിയും ശ്രദ്ധയോടുകൂടെ ആളുകളത് അറിഞ്ഞ് പഠിച്ച് അത് നമ്മൾക്ക് ശരിക്കും അങ്ങോട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ വെറുതെ മനനം പാടിയാ മതി ഇവിടെ ആദ്യം പാടിയ കുട്ടി ആ കുട്ടി പാടിയത് തന്നെ അതിൻ്റെ ഒരു അർത്ഥാണ് അങ്ങനെ പാടി പഠിച്ച് മനനം ചെയ്ത് പാരായണം ചെയ്താൽ പോലും അതൊരു അനുഭവത്തിന് കാരണമായിട്ട് തീരും നമ്മുടെ ഭാഷയാണല്ലോ അതുകൊണ്ട് വ്യാഖ്യാനിക്കാനൊന്നും നമുക്ക് പാള കിട്ടിയിട്ടില്ലെങ്കിലും വെറുതെ അത് വ്യാഖ്യാനിച്ച് വഷളാക്കാൻ പാടില്ല നമുക്ക് വ്യാഖ്യാനിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല അറിയണവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വ്യാഖ്യാനിക്കാം ഇല്ലെങ്കിൽ ഉള്ള വ്യാഖ്യാനം എന്തെങ്കിലുമൊക്കെ പഠിക്കുകയോ ഇല്ലെങ്കിൽ പാരായണം ചെയ്ത് രസിക്കുകയോ ചെയ്താൽ തന്നെ മതി നമുക്ക് എപ്പോൾ ആ കൃപയ ഉള്ളിലുണ്ടാവുമോ അപ്പോൾ അപ്പോൾ ഉള്ളിൽ അല്പ അല്പമായി പ്രകാശിച്ച് നമുക്കത് അനുഭവത്തിന് കാരണമായിട്ട് തീരും അനുഭവം വരും ഈ ഗ്രന്ഥങ്ങളിലൊക്കെ അർത്ഥവും നമുക്ക് പല ഭാവത്തിൽ പ്രകാശിക്കും ഒരു കാലത്തും പഠിച്ച് തീരില്ലേ അത് പഠിച്ച് തീർന്നു എന്ന് പറയാൻ പറ്റുക ഓരോരിക്കും നോക്കുമ്പോഴും അത് പുതുമയോടുകൂടെ പ്രകാശിക്കും അതിനുള്ള ഒരു സന്ദർഭം ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ കൊണ്ട് ഉണ്ടാവട്ടെ ഈ ഗുരുദേവകൃതികളൊക്കെ പഠിക്കാനും മനനം ചെയ്യാനും ചേർന്നിരുന്ന് മാത്രമല്ല തനിച്ചും അവരവരുടെ വീടുകളിൽ ഇരുന്നിട്ടും ഒരു നിത്യപാരായണം പോലെ വെച്ച് പഠിച്ച് മനനം ചെയ്ത് അതകമയ്ക്ക് പ്രയോജനപ്പെടാനും ആ അരുള് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ വന്ന് കുറച്ചു നേരം മൂന്ന് ദിവസം ആത്മോപദേശതകം അനുസന്ധാനം ചെയ്യാനൊരു സന്ദർഭമുണ്ടായി വളരെ സന്തോഷമുണ്ട് മേൽക്കുമേൽ ഇത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ വാക്കുകൾ ആ സദ്ഗുരു പാതത്തിൽ തന്നെ അർപ്പിക്കോ മെതി ത്വമോ വാച്യം മമകേഷ്ടുരുമാം തന്നണം ഭജാമ